യൂണിറ്റ് ഈ വീട് ഞങ്ങളുടേതാണ് ഇത് നിങ്ങളുടെ സ്വന്തം വീടാണോ അതെ ഈ വീട് ഞങ്ങളുടേതാണ് നല്ല ഭംഗി തീരെ ചെറിയ വീടല്ലേ ഇതോ ഇത് തീരെ ചെറിയ വീടൊന്നുമല്ല സാമാന്യം വലിയ വീട് തന്നെ ഇത് അത്ര വലിയ വീടല്ല ഇത് വലിയ വീടുമാണ് വളരെ നല്ല പ്ലാനുമാണ് അതാണെന്റെ അഭിപ്രായം ആരുടേതാണ് പ്ലാനൊക്കെ എന്റെ ചേട്ടന്റെ പ്ലാനാണ് ഇത് ചേട്ടൻ ഒരു സിവിൽ എഞ്ചിനീയർ ഈ പൂന്തോട്ടത്തിന്റെ പണിയും അദ്ദേഹത്തിൻ്റെതാണോ അതെ ഇതിന്റെ പ്ലാനും ചേട്ടൻ്റെ തന്നെ പക്ഷെ പണിയൊക്കെ ഞങ്ങളുടെ ജോലിക്കാരുടേതാണ് നിന്റെ ചേട്ടൻ എഞ്ചിനീയർ മാത്രമല്ല ഒരു കലാപ്രേമിയും കൂടിയാണ് അല്ലേ അതെ നിന്റെ കവന്റെ തികച്ചും ശരിയാണ് ഈ പൂക്കളും ചെടികളും ഒക്കെ ചേട്ടന്റെ ജീവനാണ് ഇത് നിന്റെ ചേട്ടന്റെ മുറിയാണോ അല്ല ഇത് ചേട്ടൻ്റെതല്ല ഇത് വിരുന്നുകാരുടെ മുറിയാണ് ചേട്ടന്റെ മുറി ആ തെക്കേ കോണിലാണ് നിൻ്റേതോ എന്റെയും അനിയത്തുടേയും മുറി അങ്ങ് വടക്കേ അറ്റത്താണ് രണ്ടിന്റെയും നടുക്കാണ് ഹാൾ കിഴക്കു ഭാഗത്താണ് പൂജാമുറി പൂജാമുറിയുടെ എതിരെയാണ് അച്ഛന്റെ വായന മുറി അതിന്റെ അച്ഛൻറെയും അമ്മടേയും കിടക്കുമുറിയാണ് മുൻവശത്ത് ആരുടെ മുറിയാണ് ആ ചെറിയ മുറിയോ ആ മുറിയും എൻറെ അച്ഛൻറേത് തന്നെ അച്ഛൻറെ കൺസൾട്ടേഷൻ റൂം ആണത് ഓ ശരി ശരി നിന്റെ അച്ഛൻ ഒരു ഡോക്ടറാണല്ലോ നായർ പിന്നെ അടുക്കളയും ഊണുമുറിയും ഒക്കെ എവിടെയാണ് അടുക്കളയും ഊണുമുറിയും കലവറയും ഒക്കെ പടിഞ്ഞാറ് ഭാഗത്താണ് ിസൺ ആൻഡ് റിപ്പീറ്റ് ഇത് നിങ്ങളുടെ സ്വന്തം വീടാണോ ഇത് നിങ്ങളുടെ സ്വന്തം വീടാണോ അതെ ഈ വീട് ഞങ്ങളുടേതാണ് അതെ ഈ വീട് ഞങ്ങളുടേതാണ് നല്ല ഭംഗി നല്ല ഭംഗി തീരെ ചെറിയ വീടല്ലേ തീരെ ചെറിയ വീടല്ലേ ഇതോ ഇത് തീരെ ചെറിയ വീടൊന്നുമല്ല ഇത് തീരെ ചെറിയ വീടൊന്നുമല്ല സാമാന്യം വലിയ വീട് തന്നെ സാമാന്യം വലിയ വീട് ഇത് അത്ര വലിയ വീടല്ല ഇത് അത്ര വലിയ വീടല്ല ഇത് വലിയ വീടുമാണ് ഇത് വലിയ വീടുമാണ് വളരെ നല്ല പ്ലാനുമാണ് വളരെ നല്ല പ്ലാനുമാണ് അതാണെൻ്റെ അഭിപ്രായം അതാണെൻ്റെ അഭിപ്രായം ആരുടേതാണ് പ്ലാൻ ഒക്കെ ആരുടേതാണ് പ്ലാൻ ഒക്കെ എന്റെ ചേട്ടൻ്റെ പ്ലാൻ ആണിത് എന്റെ ചേട്ടന്റെ പ്ലാൻ ആണിത് ചേട്ടൻ ഒരു സിവിൽ എൻജിനീയർ ആണ് ചേട്ടൻ ഒരു സിവിൽ എൻജിനീയറാണ് ഈ പൂന്തോട്ടത്തിന്റെ പണിയും അദ്ദേഹത്തിൻറെതാണോ ഈ പൂന്തോട്ടത്തിന്റെ പണിയും അദ്ദേഹത്തിൻറെതാണോ അതെ ഇതിന്റെ പ്ലാനും ചേട്ടൻറെ അതെ ഇതിന്റെ പ്ലാനും ചേട്ടൻറേത് തന്നെ പക്ഷേ പണിയൊക്കെ ഞങ്ങളുടെ ജോലിക്കാരുടേതാണ് പക്ഷേ പണിയൊക്കെ ഞങ്ങളുടെ ജോലിക്കാരുടേതാണ് നിന്റെ ചേട്ടൻ എഞ്ചിനീയർ മാത്രമല്ല നിന്റെ ചേട്ടൻ എഞ്ചിനീയർ മാത്രമല്ല ഒരു കലാപ്രേമിയും കൂടിയാണ് അല്ലെ അതെ നിന്റെ കമന്റ് തികച്ചും ശരിയാണ് അതെ നിന്റെ കമന്റ് തികച്ചും ശരിയാണ് ഈ പൂക്കളും ചെടികളും ഒക്കെ ചേട്ടന്റെ ജീവനാണ് ഈ പൂക്കളും ചെടികളും ഒക്കെ ചേട്ടൻ്റെ ജീവനാണ് ഇത് നിന്റെ ചേട്ടന്റെ മുറിയാണോ ഇത് നിന്റെ ചേട്ടന്റെ മുറിയാണോ അല്ല ഇത് ചേട്ടൻ്റെതല്ല അല്ല ഇത് ചേട്ടൻറെ അല്ല ഇത് വിരുന്നുകാരുടെ മുറിയാണ് ഇത് വിരുന്നുകാരുടെ മുറിയാണ് ചേട്ടന്റെ മുറി ആ തെക്കേ കോണിലാണ് ചേട്ടന്റെ മുറി ആ തെക്കേ കോണിലാണ് നിന്റേതോ നിന്റേതോ എന്റെയും അനിയത്തുടേയും മുറി അങ്ങ് വടക്കേ അറ്റത്താണ് എന്റെയും അനിയത്തിയുടെയും മുറി അങ്ങ് വടക്കേ അറ്റത്താണ് രണ്ടിൻ്റെയും നടുക്കാണ് ഹാൾ രണ്ടിന്റെയും നടുക്കാണ് ഹാൾ കിഴക്കു ഭാഗത്താണ് പൂജാമുറി കിഴക്കു ഭാഗത്താണ് പൂജാമുറി പൂജാമുറിയുടെ എതിരെയാണ് അച്ഛന്റെ വായനമുറി. മുറി പൂജാമുറിയുടെ എതിരെയാണ് അച്ഛന്റെ വായന മുറി അതിന്റെ പിൻവശത്തോ അതിൻറെ പിൻവശത്തോ അച്ഛന്റെയും അമ്മടേയും കിടക്കു മുറിയാണ് അച്ഛന്റെയും അമ്മടേയും കിടക്ക മുറിയാണ് മുൻവശത്ത് ആരുടെ മുറിയാണ് മുൻവശത്ത് ആരുടെ മുറിയാണ് ആ ചെറിയ മുറിയോ ആ ചെറിയ മുറിയോ ആ മുറിയും എന്റെ അച്ഛൻറേതു തന്നെ ആ മുറിയും എൻറെ അച്ഛൻറേതു തന്നെ അച്ഛൻറെ കൺസൾട്ടേഷൻ റൂമാണ് അച്ഛൻറെ കൺസൾട്ടേഷൻ റൂമാണ് ശരി ശരി നിന്റെ അച്ഛൻ ഒരു ഡോക്ടറാണല്ലോ ശരിശരി ശരി നിന്റെ അച്ഛൻ ഒരു ഡോക്ടറാണല്ലോ നായർ പിന്നെ അടുക്കളയും ഊണുമുറിയും ഒക്കെ എവിടെയാണ് പിന്നെ അടുക്കളയും ഊണുമുറിയും ഒക്കെ എവിടെയാണ് അടുക്കളയും ഊണുമുറിയും കലവറയും ഒക്കെ പടിഞ്ഞാറ് ഭാഗത്താണ് അടുക്കളയും ഊണുമുറിയും കലവറയും ഒക്കെ പടിഞ്ഞാറു ഭാഗത്താണ് ഡ്രിൽസ് ിൽ ഈ വീട് ഞങ്ങളുടേതാണ് മുൻവശത്ത് ആരുടെ മുറിയാണ് ആ ചെറിയ മുറിയോ ആ ചെറിയ മുറിയോ ആ മുറിയും എന്റെ അച്ഛൻറേത് ആ മുറിയും എന്റെ അച്ഛൻറേത് തന്നെ അച്ഛൻറെ കൺസൾട്ടേഷൻ റൂമാണത് അച്ഛന്റെ കൺസൾട്ടേഷൻ റൂമാണത് ശരി ശരി നിന്റെ അച്ഛൻ ഒരു ഡോക്ടറാണല്ലോ പിന്നെ അടുക്കളയും ഊണുമുറിയും ഒക്കെ എവിടെയാണ് അടുക്കളയും ഊണുമുറിയും കലവറയും ഒക്കെ പടിഞ്ഞാറു ഭാഗത്താണ് അടുക്കളയും ഊണുമുറിയും കലവറയും ഒക്കെ പടിഞ്ഞാറു ഭാഗത്താണ് ഡ്രിൽസ് ിൽ ഈ വീട് ഞങ്ങളുടേതാണ് ഈ വീട് ഞങ്ങളുടേതാണ് ആ പുസ്തകം അവന്റേതാണ് ആ പുസ്തകം അവന്റേതാണ് അത് ാണ് അത് ഗ്രാമത്തിൻ്റെതാണ് ഈ കവിത മധുവിൻ്റെതാണ് ഈ കവിത മധുവിൻ്റെതാണ് ആ മുറി അമ്മയുടേതാണ് ആ മുറി അമ്മയുടേതാണ് ആ ക്ലാസ് ആരുടേതാണ് ആ ക്ലാസ് ആരുടേതാണ് ഓഫീസിന്റെ കിഴക്കേ അറ്റത്താണ് പൂന്തോട്ടം ഓഫീസിന്റെ കിഴക്കേ അറ്റത്താണ് പൂന്തോട്ടം മുൻവശത്താണ് അധ്യാപകന്റെ വീട് സ്കൂളിന്റെ മുൻവശത്താണ് അധ്യാപകന്റെ വീട് കടയുടെ പിൻവശത്താണ് വീടും കടയുടെ പിൻവശത്താണ് വീടും ഗോതമ്പ് മില്ലിന്റെ പടിഞ്ഞാറേ കോണിലാണ് തയ്യൽക്കട ഗോതമ്പ് മില്ലിന്റെ പടിഞ്ഞാറേ കോണിലാണ് തയ്യൽക്കട എന്റെ വീട്ടിൽ ഏറ്റവും തെക്കേ കോണിലാണ് പൂജാമുറി എന്റെ വീട്ടിൽ ഏറ്റവും തെക്കേ കോണിലാണ് പൂജാമുറി വടക്കേ അറ്റത്താണ് വിരുന്നുകാരുടെ മുറി വടക്കേ അറ്റത്താണ് വിരുന്നുകാരുടെ മുറി ബിൽഡ് ഡ്രിൽ മോഡൽ ആണോ ആണോ ചേച്ചിയുടേത് ചേച്ചിയുടേതാണോ നിന്റെ നിന്റെ ചേച്ചിയുടേതാണോ ചെറുകഥയും നിന്റെ ചേച്ചിയുടേതാണോ ഈ ചെറുകഥയും നിന്റെ ചേച്ചിയുടേതാണോ നൗ ഫോളോ ദോഡൽ വൺ അല്ലേ അല്ലേ നിൻ്റേത് നിറേതല്ലേ വീടും വീടും നിന്റേതല്ലേ വലിയ വലിയ വീടും നിൻ്റേതല്ലേ ആ വലിയ വീടും നിന്റേതല്ലേ ടു ആണ് ആണ് നമ്മുടേത് നമ്മുടേതാണ് ഗ്രാമം ഗ്രാമം നമ്മുടേതാണ് ചെറിയ ചെറിയ ഗ്രാമം നമ്മുടേതാണ് ഈ ചെറിയ ഗ്രാമം നമ്മുടേതാണ് ത്രീ അല്ല അല്ല അവൻ്റെ അവൻറ്റേതല്ല കവിത അവൻ്റെതല്ല നല്ല നല്ല കവിത അവൻ്റെതല്ല ഈ ഈ നല്ല കവിത അവൻ്റെതല്ല സബ്സ്റ്റിറ്റ്യൂഷൻ മോഡൽ വൺ ഈ കവിത എൻ്റേതാണ് നിൻറേത് ഈ കവിത നിൻ്റേതാണ് നൗ ഫോളോ ദ മോഡൽ ആ വീട് ഞങ്ങളുടേതല്ല നമ്മുടേത് ആ വീട് നമ്മുടേതല്ല അവൻ്റേത് ആ വീട് അവൻറ്റേതല്ല അവളുടേത് ആ വീട് അവളുടേതല്ല അവരുടേത് ആ വീട് അവരുടേതല്ല അദ്ദേഹത്തിൻ്റെ ആ വീട് അദ്ദേഹത്തിൻ്റെതല്ല നിങ്ങളുടേത് ആ വീട് നിങ്ങളുടേതല്ല ആ പുസ്തകം കുമാറിൻ്റേതാണ് മാധുറിൻ്റെ ആ പുസ്തകം മാധുറിൻ്റെതാണ് പ്രകാശിൻ്റേത് ആ പുസ്തകം പ്രകാശിൻ്റേതാണ് മുഹമ്മദിൻ്റേത് ആ പുസ്തകം മുഹമ്മദിൻ്റെതാണ് ഈ ക്ലാസ് അദ്ദേഹത്തിൻ്റെതാണ് സരോജത്തിൻ്റെ ഈ ക്ലാസ് സരോജത്തിൻ്റെതാണ് പത്മത്തിൻ്റെ ഈ ക്ലാസ് പത്മത്തിൻ്റേതാണ് സുന്ദരത്തിന്റേത് ഈ ക്ലാസ് സുന്ദരത്തിൻ്റെതാണ് ലക്ഷൻ നമ്പർ നയൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിൽ കണ്ടിന്യൂഡ് ആ വലിയ കഥ മധുവിൻ്റേതാണ് സോമുവിൻ്റേത് വലിയ കഥ സോമുവിൻ്റെതാണ് വേണുവിൻ്റെ ആ വലിയ കഥ വേണുവിന്റേതാണ് ഗോപുവിൻ്റേത് ആ വലിയ കഥ ഗോപുവിൻ്റെതാണ് ബാബുവിൻ്റേത് ആ വലിയ കഥ ബാബുവിൻ്റേതാണ് പ്രഭുവിൻ്റേത് ആ വലിയ കഥ പ്രഭുവിൻ്റെതാണ് ഇത് കമലയുടേതാണ് മണിയുടേത് ഇത് മണിയുടേതാണ് രവിയുടേത് ഇത് രവിയുടേതാണ് ശാരദയുടേത് ഇത് ശാരദയുടേതാണ് സാറയുടേത് ഇത് സാറയുടേതാണ് സരളയുടേത് ഇത് സരളയുടേതാണ് മോഡൽ ടു അത് ലളിതയുടെ കഥയാണ് മണി അത് മണിയുടെ കഥയാണ് നൗ ഫോളോ ദ മോഡൽ ഇത് രഘുവിന്റെ ലൈബ്രറിയാണ് രാമൻ ഇത് രാമന്റെ ലൈബ്രറിയാണ് ശാരദ ഇത് ശാരദയുടെ ലൈബ്രറിയാണ് ചന്തു ഇത് ചന്തുവിന്റെ ലൈബ്രറിയാണ് കുമാരി ഇത് കുമാരിയുടെ ലൈബ്രറിയാണ് സരോജം ഇത、സരോജത്തിന്റെ ലൈബ്രറിയാണ് സരസ ഇത് സരസയുടെ ലൈബ്രറിയാണ് അഹമ്മദ് ഇത് അഹമ്മദിന്റെ ലൈബ്രറിയാണ് മോഡൽ ത്രീ അത് ഊണ് മുറിയാണ് അത് കിടക്ക മുറിയാണ് നൗ ഫോളോ ദോഡൽ ഇത് വലിയ കെട്ടിടമാണ് ചെറിയ ഇത് ചെറിയ കെട്ടിടമാണ് പുതിയ ഇത് പുതിയ കെട്ടിടമാണ് പഴയ ഇത് പഴയ കെട്ടിടമാണ് നല്ല ഇത് നല്ല കെട്ടിടമാണ് ചീത്ത ഇത് ചീത്ത കെട്ടിടമാണ് കിഴക്കേ ഇത് കിഴക്കേ കെട്ടിടമാണ് വടക്കേ ഇത് വടക്കേ കെട്ടിടമാണ് പടിഞ്ഞാറ് ഇത് പടിഞ്ഞാറേ കെട്ടിടമാണ് തെക്കേ ഇത് മോഡൽ വൺ ഇത് അവളുടെ വീടല്ല ഈ വീട് അവളുടേതല്ല നൗ ഫോളോ ദോഡൽ ഇത് നമ്മുടെ ലൈബ്രറിയാണ് ഈ ലൈബ്രറി നമ്മുടേതാണ് അത് ഞങ്ങളുടെ ക്ലാസ് ആണ് ആ ക്ലാസ് ഞങ്ങളുടേതാണ് അത് നിങ്ങളുടെ ഹോസ്റ്റൽ അല്ലേ ആ ഹോസ്റ്റൽ നിങ്ങളുടേതല്ലേ ഇത് എൻറെ ചേച്ചിയുടെ ലൈബ്രറിയാണ് ഈ ലൈബ്രറി എൻറെ ചേച്ചിയുടേതാണ് അത് നന്ദിനിയുടെ ഫോട്ടോയാണ് ആ ഫോട്ടോ നന്ദിനിയുടേതാണ് അത് ആരുടെ പ്ലാനാണ് ആ പ്ലാന് ആരുടേതാണ് മോഡൽ ടു ആ പുസ്തകങ്ങൾ ഞങ്ങളുടേതല്ല അവ ഞങ്ങളുടെ പുസ്തകങ്ങളല്ല നൗ ോഡൽ ഈ കഥ എന്റെ കൂട്ടുകാരിയുടേതല്ല ഇത് എൻ്റെ കൂട്ടുകാരിയുടെ കഥയല്ല ഈ കഥയും അദ്ദേഹത്തിൻ്റെതാണോ ഇതും അദ്ദേഹത്തിന്റെ കഥയാണോ ആ കവിതകളും നിന്റെ ചേച്ചിയുടേതല്ലേ അവയും നിന്റെ ചേച്ചിയുടെ കവിതകളല്ലേ ഈ ചെറിയ പുസ്തകം ആരുടേതാണ് ഇത് ആരുടെ ചെറിയ പുസ്തകമാണ് ആ വീട് രാമൻറ്റേതല്ല അത് രാമന്റെ വീടല്ല ഈ മുറിയും എന്റെ അച്ഛൻറേതാണ് ഇതും എൻ്റെ അച്ഛന്റെ മുറിയാണ് റെസ്പോൺസ് ഡ്രിൽ മോഡൽ ഈ വീട് ആരുടേതാണ് ഈ വീട് രാഘവൻ്റെ നൗ ഫോളോ ദോഡൽ ആ കവിത ആരുടേതാണ് ആ കവിത അത് ആരുടേതാണ് അത് ഈ ഗ്രാമം ആരുടേതാണ് ഈ ഗ്രാമം ആരുടേതാണ് ഈ ചെറുകഥ ഈ ചെറുകഥ അത്ര വലിയ വീട് ആരുടേതാണ് അത്ര വലിയ വീട്